തത്യേ തത് മഹാഭാവോ സത്യഗ്രോ മോ വിശ്രാന്മാോ ചതാ ജഗത്ത് സൂന്മയ ചേസാ നമദത്ത് ിത്തഭ്രമമാണ് ജഗത്ത് എന്ന് പറയുന്നത് പറയുന്നത് തന്റെ വികല്പങ്ങളിൽ നിന്നുണ്ടായ സത്യവിശ്രാന്തി തത്താക്കി അതിന്റെ വിശ്രാന്തി അനുശ്രമിച്ചു അത് നിന്നും നീ മുഖാന്തരം അതിനീ നേടണം മാറ്റുന്നതും അഹമാക്കുന്നതും ബൃഹത് വിശ്വാസി എന്ന് പറയുന്നത് ജനതരിൽ നിന്നും ഉണ്ടാകും തത് സത്യം ഗ്രോഹി മമ അചലം അനുകൂലങ്ങളിൽ അസ്മാചലം സത്യം ഗ്രോഹി ശരിയായ സത്യത്തെ നീ എന്നോട് പറയൂ ഇതെന്താ യഥക്കും ത്തിന്റെ വിശ്രാം അങ്ങനെ ചെയ്യുകയുള്ളത് ശുദ്ധേ എന്നൊന്നും പറയുക അപ്പോൾ സുഖനും ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ വിശ്രാം അത് ശ്രമിക്കുക ശ്രമം വിശ്രം എന്ന് വെച്ചാൽ അത് വിശ്രമിക്കുക ജഗത് അതിനുള്ള വഴിയെന്താ എന്നെങ്കിൽ ഈ ജഗത്ത് സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം അതെന്താണോ ചേതസ് ഭ്രമമാണ് ചിത്തഭ്രമമാണ് ചിത്തഭ്രമം എന്ന് ചിലടത്തോടെ ഉടപ്പിച്ച് പറഞ്ഞിരിക്കും അതിന്റെ വിശ്രാന്തിയാണ് എന്നും ഞാൻ ആഗ്രഹിക്കുന്നു ദ്ധ്യാഹരിച്ച് വ്യക്തിക്കാൻ പറ്റും നേരിട്ട് ജഗത്ത് വിശ്രാന്തി നൽകാൻ പറ്റില്ല ഇവിടെ അഹം ആപ്നോമിയാണ് അതിന്റെ എന്താണ് കർമ്മ വിശ്രാന്തി വിശ്രാന്തിയെ ഞാൻ പ്രാപിക്കുന്നു അപ്പൊ എന്തെന്റെ വിശ്രാന്തി ജഗത വിശ്വസന പക്ഷെ ജഗതഹ എന്നല്ല ജഗത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് പ്രഥമാന്തോ തിരിയാതോ അവിടെ തസ്യം എന്ന് അധ്യാഹരിച്ചിട്ട് തസ്യം ജഗത് തസ്യം എന്നാണ് ഇതോടെ അധ്യാഹിക്കുക പറയാൻ പറ്റില്ല എന്റെ വ്യാഖ്യാനത്തിൽ ഞാൻ പറയും പോലെ നല്ല അർത്ഥം പറയാൻ നിശ്ചയോനശം ജനകുരത നിശ്ചയ അപര ക സുഖനോട് പറയുന്നത് നീ എന്താണോ അറിഞ്ഞിരിക്കുന്നത് നിന്റെ നിശ്ചയിച്ചു അതിനപ്പുറമൊന്നുമില്ല എന്നിട്ട് നീ അറിയേണ്ട കാര്യം അത് സുഖം തന്നെ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പലതരത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അപ്പൊ ജനകന് സമ്മതിക്കും ഇനി എന്തെങ്കിലും സുഖൻ അറിയാൻ അവശേഷിക്കുന്നു എന്ന് ജനകൻ പറയുന്നില്ല സംഭാഷണ അധപ്പരത് കസ്റ്റിൽ കസ്റ്റിൽ അപരം ലിസ്റ്റ് നീ എന്തെങ്കിലും ഒന്ന് കൂടുതലായി അറിയാൻ നിനക്കില്ല നീ അറിയേണ്ടതെല്ലാം അറിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമായി പറയുക സ്വയമേവ ത്വ ജ്ഞാനം ഗുരുദശ ശ്രുതം നീ സ്വയം തന്നെ അറിഞ്ഞുകഴിഞ്ഞത് സ്വയമേവ ഞാനം ഗുരുതെ ഗുരുവിൽ നിന്നും നിന്റെ പിതാവിനെന്നും അറിഞ്ഞു വരുന്നു അറിഞ്ഞൊന്നും അറിയാറില്ല പൂർണ്ണമായി എനിക്ക് അറിഞ്ഞു വരുന്നു എന്നിട്ട് അതിനെ കുറിച്ച് ജനവിധന വിശദീകരിക്കുന്നു അവൻസ് സാറിന് പറയുന്ന അദ്വൈത ബ്രഹ്മത്തെ കുറിച്ച് പറയുക അഭിസനായയില്ലാത്തതായ പുരുഷനായ ഇവിടെയുള്ള നയം മറ്റൊന്നും തന്നെയില്ല അതെന്താണ് സുഖൻ അറിഞ്ഞത് എന്നുള്ള കാര്യം ജനകം പറയുന്നത് സോ സങ്കല്പല്ലാത്ത നിസ്സങ്കല്പ സങ്കല്പം കൊണ്ടാണ് ഒരാൾ ഭനാവുന്ന സങ്കല്പറിയനാകുമ്പോ മുക്തനാവുന്നു ഇതൊക്കെ സാധാരണ പറയുന്ന കാര്യങ്ങളാണ് ഇത് ശിവൻ അറിയാവുന്ന കാര്യങ്ങളാണ് ഇതിലൊന്നും ജനങ്ങൾ പ്രത്യേകിച്ച് കൂട്ടിച്ചേർത്താൻ ഒന്നുമില്ല ഏതൊരു പ്രയാസിനാണ് മഹാത്മന യാ സ്ഫുടം ജേയം ജ്ഞാതം അവിടെ വളരെ കൃത്യമായി പറയുന്നു അറിയേണ്ടതെന്താണോ അത് നീ വളരെ കൃത്യമായി അറിയുന്നു അതേണ്ടത് നീ കൃത്യമായ സ്വയം പറഞ്ഞ് കുറവെന്ന് നോക്കുന്നു എന്ന് പറഞ്ഞാൽ ശിവന്റെ ജ്ഞാനത്തിൽ യാതൊരു ന്യൂനതയില്ല എന്നാൽ ശിവൻ പറഞ്ഞു അതിന് പോരായ്മ മഹാത്മാ ഭീയു സകലാഹിത എന്താണ് സകല ദൃശ്യം എസ് കെ മഹാന പ്രാഗ് ഭൗലിയോ പിന്നെ ഈ സകല ദൃശ്യങ്ങളിൽ നിന്നും ഏതൊരു മഹാത്മാവിനാണോ മുമ്പ് തന്നെ വിരക്തിയുണ്ടായി മുമ്പ് തന്നെ എന്ന് പറയുമ്പം വിരക്തി ഉണ്ടായി ഞാനും ഉണ്ടായി ഞാൻ അതിന് വിരക്തിയും കാരണം വിരക്തനാണ് ഞാനിയാണ് ഒന്നുമായി അംഗീകരിക്കും മകൻ വിരതിമാകുക ഭരോ ദിർഗലോ ഹിമലേ രണ്ടു തരങ്ങളും ഒന്ന് വിരക്തി ഉണ്ടായി മറ്റൊന്ന് ജ്ഞാനവും ഉണ്ടായി ഇനി എന്താ അത്ര തന്നെയാണ് അവിടെ ശുഗന് സ്തുതിക്കുകയാണ് ഈ പറയുന്ന വാക്കുകളെന്താ പറയുക ഇനി പറയുന്നതല്ല ശുഗന്ധ ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും സ്തുതിക്കാൻ വേണ്ടി പറയും മകം വിരതിമാകാവില്ല വിരകിയല്ല ദീർഘനും ദീർഘ രോഗമാണ് ഭോഗങ്ങൾ രോഗം പോലെ എന്നുള്ള അർത്ഥത്തിൽ രോഗമാണ് കാരണം സാധാരണ ജീവന്മാരെ ഈ ഭോഗത്തിൽ മൊഴി കിടക്കും അതാണ് രോഗം സംസാര രോഗം എന്നുള്ളത് അതിൽ നിന്നെല്ലാം നീതിരേഖാത്തിലൊന്നും കേൾക്കട്ടെ പൂർണ്ണനാണ് അങ്ങനെ അത്ത സാർ നമ്മള ജാഥ സ്തുതിയുടെ ഒരു പ്രത്യേകത എന്താണ് സ്തുതി എന്ന് പറയുമ്പോൾ ഒരാളെ വാഴയും മണ്ണിക്കുകയും ചെയ്യണം അത് വസ്തുസ്ഥിതിയാണ് ബന്ധമുണ്ടാവുന്നു സ്തുതി പോകാൻ എന്താണ് അത് അത് കാടുകയറിപ്പോ സ്തുതിയിൽ പറയുന്ന സത്യമാണോ നിർബന്ധം അതാണ് സ്തുതിയുടെ പ്രത്യേകത സത്യം എല്ലാത്തും പറയാം ഇവിടെ അതാണ് പറയുന്നത് സർവജ്ഞാന മഹാവിധിയെ സർവജ്ഞാനത്തിന്റെയും മഹാനിധിയായി പുതിയ തപസ്സിൽ സ്ഥിതി ചെയ്യുന്നവനായ തവമിതവും തെറ്റൻ പിതാവിനും യഥാ തവ തഥാ പൂർണ്ണത എങ്ങനെയാണോ പൂർണ്ണതയുള്ളത് അതുപോലെ പൂർണ്ണത ഉണ്ടായിട്ടില്ല ഇതൊരു സ്തുതിയാണ് ഇതാ വ്യാസന് ശുഗനം പോലെയുള്ള പൂർണ്ണത ഉണ്ടായിട്ടില്ല കേവല സ്തുതി എന്തുകൊണ്ട് നമ്മൾ വ്യാസനെ വിശേഷിപ്പിക്കുന്ന സർവജ്ഞാനമഹാദേശീയം പിന്നെ ദീർഘതഭസ്തിരിക്കുന്നതാണ് ബ്രഹത് ഇതൊക്കെയാണല്ലോ മനുഷ്യന്റെ പൂർണ്ണ എന്നാലിവിടെ ശിവനെ സ്തുതിക്കാൻ വേണ്ടി പറയുന്നതാണ് അതുകൊണ്ട് അത് അക്ഷരാർത്ഥത്തിൽ എടുക്കരുത് വസ്തുസ്ഥിതിയായി എടുക്കരുത് അപ്പോ ഒരാളെ പുകഴ്ത്തുമ്പോ മറ്റൊരാളെ എവഴുത്തുന്നത് അയാൾ താഴ്ന്നതും ആയതുകൊണ്ടല്ല പുകഴ്ത്തുന്നയാൾ പുകഴ്ത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ മറ്റൊന്ന് തത്വജ്ഞാന അവിടെ അവരെ പരസ്പരം തരതമപ്പെടുത്തിയിട്ട് ഒരാളും മറ്റൊരാളും ആളും സുരക്ഷിതാണ് ഒരാൾ മറ്റൊരാളും മോശമാണെന്നൊക്കെ പറയുന്നത് അബദ്ധമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളുടെ തപസ് ജ്ഞാനം അതൊക്കെയാണ് ആ വ്യക്തിയുടെ സുരക്ഷത ഇതും ഗ്യാസനും ഷുഗരോ ഇതെന്താ ഒരാൾ വേറൊരാളും മെച്ചപ്പെടും അപ്പൊ ജ്ഞാനം ഒരാൾക്ക് ഒരാൾ ജ്ഞാനം ഇവിടെ പറയുന്ന നിശ്ചയിക്കുന്നത് ൂപത്തിലുള്ളതെന്ന് ഞാനും ഉണ്ടെങ്കിൽ അല്ലവിടെ രണ്ടുപേരെ താരതമ്യപ്പെടുത്തിയിട്ട് ഒരാൾ ശ്രേഷ്ഠ ഒരാൾ മോശം അങ്ങനെ പറയാൻ പറ്റും ഈ പറയുക എന്താണ് സ്തുതി എന്ന് പറയുമ്പോൾ അവിടെ അതായത് ഒരു ആരാധന പറയണം ആ നമുക്ക് ഒരിക്കലും അതിന് സത്യം വെളിപ്പെടുത്തി പക്ഷേ സ്തുതിയിലൂടെ എന്ത് അന്ധനായിപ്പോ അവരിക്കലും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം ഇവിടെ നിന്ന് പറയും നിനക്ക് തുല്യനായി വേറൊരാളില്ല എന്ന് പറയുന്ന സ്തുതിയാണ് എന്തുകൊണ്ട് ജ്ഞാനം അത് ഇവിടെ പറയുന്നത് നിശ്ചയമാണെങ്കിൽ അത് ആർക്കൊക്കെ നിശ്ചയം ഉണ്ട് അവരെല്ലാം തുല്യരാണോ ജ്ഞാനത്തിന്റെ തുല്യരാണോ പിന്നെ അവിടെ ഗൃഹസ്ഥനാണല്ലോ സന്യാസിയാണല്ലോ ഗൃഹസ്ഥൻ ഇത് ജ്ഞാന സന്യാസിയുടെ ജ്ഞാനത്തേക്കാൾ ശ്രേഷ്ഠമാണെന്നു സന്യാസിയുടെ ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമാണെന്നു പറയുന്ന ഒരർത്ഥവുമില്ല ഇതെല്ലാം പറയുന്നത് സ്തുതിപരമായിട്ട് പറഞ്ഞ് പറയാം സ്തുതി എന്നത് കഴമ്പില്ല എന്നാണ് എവിടെ സ്തുതി വരുന്നു അവിടെയൊക്കെ സത്യത്തിൽ നിന്ന് നടന്നു കാരണം സ്തുതിക്കുന്നവരെയാതെ ഏറ്റവും വലിയ സ്തുതി അതിലേക്ക് എന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആരാധകരായി മാറുന്നവർ അങ്ങനെ മാറുന്ന മതബുദ്ധികളെ പോലെയാണ് അവരെന്ത് ചെയ്യും അവരാരാധിക്കുന്ന പാർട്ടികളുടെ ഒരു ദോഷവും കാണുന്നുണ്ട് കാരണം അവരുടെ മനസ്സിലെന്തേ ഉള്ളൂ ആരാധനമാക്കുന്നുള്ളരും അതൊക്കെ അവർ വിശ്വസിക്കുന്നു അതിലേക്ക് അവർ ന്യായീകരിക്കും ഞാൻ വ്യക്തികളും നേടിപ്പോ അത് അതാണ് ആരാധന മൂത്താൻ വരുന്നവർ കുഴപ്പം അവർക്കൊരിക്കൽ സത്യത്തെ അറിയാൻ പറ്റത്തില്ല അതുപോലെ ഈ പറയുന്ന ഒന്നും അക്ഷരാർക്കി എടുക്കാൻ പാടില്ല വേറെ ഒരാൾക്ക് നിശ്ചയില്ലെന്ന് പറഞ്ഞു ഒരാൾക്ക് മാത്രമായിട്ട് ആത്മ നിശ്ചയമുണ്ടാവും അങ്ങനെ പക്ഷെ സ്തുതിക്കുമ്പോൾ അങ്ങനെ പറയും സ്തുതിയിലതിന് അനുവദനീയമാണ് കേൾക്കുന്നവർ മനസ്സിലാക്കും ും തള്ളാണ് സ്തുതിയാണെന്ന് മനസ്സിലാവുക അപ്പൊ പ്രശ്നം ഏ അതല്ല അത് പറയും പ്രത്യേകം പറയുന്നതാണോ അന്യനെ നിന്ദിക്കാൻ വേണ്ടിയില്ലാന്ന് പറയുന്നത് സ്തുതിക്കുന്നവരെ സ്തുതിക്കാൻ വേണ്ടിയാണ് എവിടെയൊക്കെ സ്തുതി കാണുന്നു അവിടെയൊക്കെ സ്തുതിക്കുന്നവനെ കൂടുതൽ സ്തുതിക്കാൻ വേണ്ടി പറയാണ് വേറെ ആളെ നിന്ദിക്കാൻ വേണ്ടിയിട്ട് അത് സ്തുതിയുടെ ഒരു നിയമം അങ്ങനെ പറയും ആരെയും വേണ്ടിട്ടുണ്ട് എന്നുവെച്ചാൽ സ്തുതികൾ രചിക്കുന്നവര് അങ്ങനെ സ്തുതിക്കുന്നത് വേറെ ആളെ നിന്ദിക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ പറയുമ്പോളാണ് ഏറ്റവും വലിയ സുരക്ഷ പറയുന്നത് അക്ഷരാർത്ഥത്തെ എടുക്കരുത് വ്യക്തിക്ക് ആ വ്യക്തിയോട് വലിയ ആരാധനയുണ്ട് ആരാധന കൊണ്ട് അങ്ങനെ വാഴ്ത്തി വാഴ്ത്തി പാടുകയാണ് എന്ന് മാത്രം മനസ്സിലാക്കി അത് വസ്തുനിഷ്ഠമാണ് വസ്തുനിഷ്ഠമാണെങ്കിൽ സ്തുതിയുടെ ആവശ്യമില്ല ഇന്നതാണ് കാര്യം അതങ്ങ് പറയുക ഇതാണ് വാസ്തു സ്തുതിയുടെ ആവശ്യമില്ല അത് വാസ്തവം പറയുന്നതല്ല അതുകൊണ്ട് അത് എന്താണ് നിന്റെ പിരി ാണ് തഥാപതക അങ്ങനുള്ളതുപോലെയുള്ള പൂർണ്ണത വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത് സ്തുതിയാണ് പിതാവിനെ നിന്ദിക്കാൻ വേണ്ടിയില്ല സ്തുതിക്കുന്നവനെ സ്തുതിക്കാൻ വേണ്ടി അനുവദി പറയുന്നത് വീണ്ടും അത് തന്നെ കാലമേരില്ല മത്തോമോ ഭംഗോ അഹം വ്യാസ ശിഷ്യാ ഞാൻ വ്യാസന്റെ ഒരു ശിഷ്യനാണ് ഈ കഥയിൽ വരുന്ന പൊരുത്തക്കേടതാ സ്വയം ജനതന്ത്രയും എന്താണ് ഞാൻ വ്യാസന്റെ ശിഷ്യനാണ് അപ്പോ എന്താണോ ീ ജനകൻ തന്റെ സംശയങ്ങളൊക്കെ തീർത്ത് ആരും അപ്പോ ജന്മനാ തന്നെ ജ്ഞാനിയായിരിക്കുന്ന തന്റെ പുത്ര സംശയങ്ങൾ തീർക്കാൻ വേണ്ടി വ്യാസ ജനകന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു നേതൃത്ഥമില്ല പിന്നെ വേണമെങ്കിൽ പറഞ്ഞുകൂട അങ്ങനെ എനിക്കിപ്പോ തിരക്ക് പഠിപ്പിക്കാനൊന്നും സമയമില്ല നീ അവിടെ പോയി പഠിക്കാൻ വേണമെങ്കി പറയാ അങ്ങനെയൊക്കെ പറയാം സമയല്ലേ അല്ലാതെ വേറൊരാളുടെ അടുത്ത് പറഞ്ഞു വിടേണ്ട ആവശ്യം വ്യാസനില്ല എന്നുണ്ട് വ്യാസനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പറയുമ്പോഴും അനേക ശിഷ്യര് വ്യാസന്റെ കയ്യിൽ നിന്ന് ഉപദേശത്ത് തേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പിന്നെ സ്വന്തം പുത്രൻ പിന്നെ പുത്രനാണെങ്കിലോ ഇവിടെ പറയുന്നു സ്വയം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് ജന്മനാന്നു എന്നറിയുന്ന ആണ് ഒരു സംശയം ഇല്ലാത്തയാണ് തപ്പും ഞാനിങ്ങനെ കുഞ്ഞൊരു സംശയം അങ്ങനെ വെച്ചിട്ടുള്ളവരാണ് പറഞ്ഞ് രേസന്റെ അടുത്തുള്ള ജനകന്റെ അടുത്തുള്ള പറയുന്ന ഒരു പൊട്ടക്കഥയൊന്നും ഉണ്ടല്ലാതെ ഇത് യുക്തിക്ക് നിറങ്ങുന്നതല്ല കഥകൾ യുക്തിക്ക് നിറങ്ങണമെന്നില്ല അപ്പൊ അങ്ങനെ ഒരു കഥയായിരിക്കും കേൾക്കാൻ പറ്റില്ല പക്ഷെ ഈ കഥ പറഞ്ഞ് തത്വത്തെ മഹത്വപ്പെടുത്താൻ പോകാൻ പാടില്ല അപ്പൊ തത്വത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ യുക്തിക്ക് ചേരുന്ന കഥകൾ പറയും അങ്ങനെ ശരിയാവസിഷ്യനാണ് ശരി സുത വ്യാസ അധികരിക്കുക വ്യാസന്റെ പുത്രനും വ്യാസനെക്കാളും മലയാളാണ് എന്ന് പറയും സ്തുതിയാണ് വ്യാസന്റെ എന്തൊക്കെ എന്തൊക്കെയാണ് യോഗ്യതകൾ അതിനെക്കാളും മലയാളാണ് എന്ന് പറയും സ്തുതിപരമായി പറയും ബോധിച്ചാൽ കാലതേന ിത്വ ഭക്ഷയുടെ താനവും സൂക്ഷ്മതം ഇത് യോഗസൂത്രത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് യോഗസൂത്രമാണ് അവിദ്യാക്ഷേത്ര ഉത്തരേഷം പ്രശസ്ത തൽ നിന്ന ഉദാരമാണ് നമ്മുടെ ഭാഷയിൽ കുറേ എന്താണോ പ്രതിപക്ഷ ഭാവന കൊണ്ട് ഭോഗയിച്ച തരുത്വത്തെ പ്രാപിക്കണം വളരെ സൂക്ഷ്മമാണ് അതുതന്നെയാണ് ഇവിടെ രാമന്റെ ഉദാഹരണത്തിൽ കാണിക്കുന്നത് രാമൻ പറയുന്നതെല്ലാം പ്രതിപക്ഷ ഭാവന അപ്പോ ഭോഗത്തില് വിരുദ്ധമായിരിക്കുന്ന വൈരാഗ്യത്തെക്കുറിച്ച് രാമൻ സംസാരിക്കുന്നത് ശിവനും പറയും അങ്ങനെ അക്കൊണ്ട് എന്തെങ്കിലും ഭഗേച്ച കരുത്വമുണ്ട് ഭുകേച്ചയുടെ സൂക്ഷ്മതമുണ്ട് മത്തോ അഭ്യസൂ അങ് എന്നെക്കാൾ ശ്രേഷ്ഠനാണ് അങ്ങനെ എന്തെങ്കിലും ഒരു വിശേഷതയെ സ്വീകരിച്ചുകൊണ്ട് ഞാനൊക്കെ സ്വീകരിച്ചുകൊണ്ടല്ലോ അതെങ്കിൽ ഒരാൾ മറ്റൊരാളെക്കാളും ശ്രേഷ്ഠനാണെന്ന് പറയാം ഒരാളുടെ പാണ്ഡിത്യത്തിൽ ഒരാൾ മറ്റൊരാളെക്കാളും ശ്രേഷ്ഠനായിരിക്കും വിരക്ത ജീവിതത്തിൽ അത് മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ആ ഒരു വിഷയത്തിൽ ഇപ്പോ ജനകരാജഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു സുഖൻ വിരക്തനായിരിക്കുന്നു അപ്പൊ വിരക്തി എന്ന് പറയുമ്പോ അതിനെ വ്യാഖ്യാനിക്കുമ്പോ ജനതിനേക്കാൾ വിരക്തനാണ് ഇതെല്ലാം പറയാം അപ്പൊ അങ്ങ് എന്നെക്കാളും സുരേഷ്ഠനാണ് ഏത് ഭൂമിക്കാത്ത വിരക്തി അത് ശരിയാണ് നല്ല വിരക്തിക്ക് നിർവചനങ്ങളുണ്ട് വ്യാഖ്യാനങ്ങളും അപ്പൊ അതിന്റെ ഒരു പാരമ്യതയും ആ ലോകത്തിൽ പൂർണമായും വേദമുള്ള ജീവിതമാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ രാജഭരണമൊന്നും സാധ്യമാകില്ല രാജഭരണത്തെയൊക്കെ സാധൂകരിക്കുന്ന എന്താണ് ഗുരുഗ്രന്റെ രാജഭരണത്തെ സാധൂകരിക്കുന്ന എന്താണ് തത്വജ്ഞാനമാണ് തത്വജ്ഞാനത്തിൽ അതൊക്കെ സാധ്യമാകുന്നതാണ് വിരക്തിയിലല്ല അതുകൊണ്ടാണ് ഭാഷകാലം പറയുന്നത് എന്താണ് വിരക്തനാണ് എന്നൊരുപാട് സന്യാസി നമുക്ക് ഇതിന്റെ രാജഭരണമൊന്നും സാധിക്കില്ല സന്യാസിക്ക് രാജ്യം ഭരിക്കാൻ പറ്റില്ല കണ്ണായൊക്കെ പ്രത്യേക നിഷ്ഠകളൊക്കെയാണ് അത് പാലിച്ച് സമ്മതമാ നിങ്ങൾ പാലിച്ച് അങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് ഭിക്ഷാടനമൊക്കെ ഉണ്ട് അത് വിരക്കിയാണ് വിരക്കി എന്ന് പറയുന്നത് അത് ആ രീതിച്ച് തന്നെ മനസ്സിലാവും പക്ഷെ തത്വജ്ഞാനിക്ക് രാജ്യം ഭരിക്കാം അങ്ങനെ ജനങ്ങൾ തന്ത്രജ്ഞാനും നിസ്സംഗനായി കാര്യം വണ്ടു രണ്ട് കാര്യങ്ങളാണ് വിരക്തിയെ പ്രത്യേകിച്ച് രേഖപ്പെടുത്തിട്ടുണ്ട് വിരക്തൻ ഇങ്ങനെയായിരിക്കണം അത് ശാസ്ത്രങ്ങളിൽ പറഞ്ഞ രീതിയിൽ തന്നെ വേണം ഭാര്യവിടെ പറയുന്നത് ശരിയാണ് എന്താണ് വിരക്തനാണ് വ്യാസനാണെങ്കിലും വ്യാസനെ കുറിച്ച് ഇവിടെ പറയുന്നതനുസരിച്ച് എന്താണ് പാരെ തപസ് ദീർഘതപസ്സിലിരിക്കുന്ന ആളാണ് അതിന്റെ വിരക്കലാണ് അതാണ് ഇവിടെ ജനകം തന്നെ പറയും പ്രാപ്തം പ്രാപ്തയും അഖിലം ഭവത പൂർണ്ണിയെ പദസ് ബ്രഹ്മൻ മുക്തഹത്വം ഇവിടെ പറയുന്നു പ്രാപിക്കേണ്ടതെല്ലാം നീ പ്രാപിച്ചു കഴിഞ്ഞു എന്നാണ് ഈ സാധാരണ പറയുന്ന രീതിയിലെന്താണ് ഏതെങ്കിലും അറിഞ്ഞോ അല്ലാണോ എല്ലാം അറിഞ്ഞു കഴിഞ്ഞെന്ന് അവന് പിന്നെ അറിയേണ്ടതായിട്ടൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ പ്രാപ്തവ്യം എന്നുവെച്ചാൽ ജ്ഞാത നീ അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു ആപ്ലാമെന്നൊക്കെ പറയുന്നതിന് ഭഗവതാപൂർണ്ണ ജേതസ് പൂർണ്ണമായ ജേതസ് ജ്ഞാനം ജ്ഞാനത്തിന്റെ പൂർണ്ണതയുള്ളവനാണെങ്കിലും ജനങ്ങളും പറയണം ഇപ്പോ ഈ പറയുന്നതിനുമൊക്കെ ണ്ട് കാരണം ഒരു വ്യക്തിയുടെ ഞാനെ വേറെ ഒക്കെ സർട്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല അയ്യാളിയോ അത് സാധിക്കുന്ന കാര്യല്ലേ എന്തുകൊണ്ട് ആ അതൊരിക്കലും നടക്കുന്ന കാര്യ അത് ഭ്രാന്തിയാണ് ഇപ്പം ഭക്ഷ്യക്കാരുടെ ആശയം അനുസരിച്ച് നടക്കില്ല നമ്മുടെ വീട്ടിലുള്ള ലോക്കൽ സിസ്റ്റന്മാരുടെ അഭിപ്രായത്തിൽ ഞാനിതിനെ തെരഞ്ഞെടുപ്പുന്നത് ഭാഷ്യകാരന്റെ അദ്ധ്യനവുമായിട്ട് അത് ഭാഷ്യകാരം വളരെ വ്യക്തമായ നിലപാടാണ് അനാരംഭാധികൾ ബ്രഹ്മസൂത്രത്തിൽ നാലാം അധ്യായം പറയും കഥം ഹി ഏകസ് സുഹൃദയ കൃത്യം പറയണം പ്രതിക്ഷം സൃഷ്ടിയത ആത്മവേദന ശരീരധാരണ പറയണം പ്രതിഷേധം സൃഷ്ടിയത എടപ്പ ചില വാക്കുകൾ മാറ്റം വരും ആശയവത എന്റെ ഓർമ്മയെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ആയതാണ് അത് കാര്യം ഒരു വ്യക്തിയുടെ സഹൃദയക്കുത്തിയും ആത്മവേദന തന്റെ ചിത്തവൃത്തിയായിരിക്കുന്ന ആത്മബോധത്തെ അതിന് വേറെ ഒൾക്ക് പിന്നെ ആത്മബോധനത്തിന് ശേഷമാണ് ദേവധാരണം അത് പ്രാരബ്ധത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴവിടെ കഷക്കാരും പറയുന്നത് ഒരാൾക്ക് ആത്മബോധം ഉണ്ടായാലും മുക്തിക്ക് വേണ്ടി ആണ് പ്രതികരിക്കേണ്ടി വരും മരണം എന്തെന്നുള്ള മുക്തി പ്രാരബ്ധത്തിൽ നിന്നും ശരീരധാരണത്തിൽ നിന്നും അങ്ങനെ ഒരു കാലയളവുമുണ്ട് പ്രാരബ്ധത്തിൽ നിന്നും മുക്തനാളുമായി തസ്യ താവലേ വിജരം വ്യാപരണം മോക്ഷയും സമ്പത്സ്യം സന്തോഷിക്കും അതിന് അനുസരിച്ചാണ് തന്നെ വ്യാഖ്യാനിക്കുന്നത് ചക്രം കറങ്ങിക്കഴിഞ്ഞാൽ അത് നിൽക്കുന്നത് വരെ പ്രതീക്ഷിക്കും എന്നാണ് വർഷകാലം ഇപ്പൊ ക്ഷേമം ക്ഷേമത്തെ പ്രതീക്ഷിക്കുന്ന മുക്തിയെ പ്രതീക്ഷിക്കുന്ന ഒരു താരമാണ് ഇത് വർഷകാലത്തെ ഒരു സിദ്ധാന്തമാണ് അപ്പോ ആത്മാവ് മുക്തമാണ് അത് ജീവിച്ചിരിക്കുകയും മുക്തനാണ് എന്നെല്ലാം പറയാം ഞങ്ങൾ പറയുന്ന സന്തോഷം പക്ഷെ അതിനപ്പുറം ഒന്നും പ്രാരബ്ധത്തിൽ നിന്നുള്ളത് അതിനുവേണ്ടിട്ടാണ് കുറച്ചു കാലം ഈ ഒരു കാലത്ത് ഒരാൾക്ക് തത്വനിശ്ചയം ഉണ്ടായി അതിനുശേഷം പ്രാരബ്ത്തെ ഏറെ തുടരുന്നു ഇന്ന് മരിക്കുന്നു അപ്പോ തത്വജ്ഞാനം ഉണ്ടായി ഉടനെ എന്തുകൊണ്ടും മരിക്കുന്നുണ്ടാകും അങ്ങനെ പറയുന്നത് പ്രാരബ്ധ തുടരുന്നത് പിന്നെ ഏഴഗ്രം മരിക്കണം ശരീരത്തെ നശിപ്പിക്കണം പ്രാരബ്ധത്തെ നശിപ്പിക്കണം അതിനോടും പോഷികാരം യോജിക്കുന്നു അതെങ്ങനെയാണ് ചക്രം കറക്കുവിട്ടാൽ സ്വയം അത് നിക്കുന്നത് അതുപോലെ ഇതൊന്നും അവസാനിക്കുന്നു അപ്പൊ ആത്മഹത്യയുടെ ആവശ്യം അതിനുവേണ്ടി ഈ ഒരു പുതിയ വിദ്യയുടെ ആവശ്യം മനുഷ്യകാരന് വളരെ വ്യക്തമായി പല ഭാഗത്തും പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ബാക്കിയ അനാരധാധികരണത്തിനാണ് ആരോഗ്യം ഇപ്പോ അവിടെ ഇവിടെ പറയുന്ന പ്രത്യേകത എന്താണ് ഈ സുഹൃദയ തന്റെ ചിത്തവൃത്തിയാണ് ആത്മവേദനവും ആത്മബോധവും അതിന് വേറൊരാളുമായിട്ട് എടുത്താൽ ബന്ധമില്ല ബന്ധമില്ല വേറൊരാളതിനെ സത്യവ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഒരാളുടെ ഹൃദയ മാനസികമായും ബോധത്തെ വേറെ ആളെ അതറിയാനൊരു വഴിയില്ല അങ്ങനെ അറിയാൻ പറ്റില്ല എന്നാൽ മറ്റുള്ളവരറിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എങ്ങനെ അറിയില്ല അതായത് മറ്റൊരാൾക്ക് അനുമാനിക്കാൻ പറ്റും ഗുരുമേമരിച്ച് ശ്രോത്രിയും ബ്രഹ്മനിഷ്ഠം ശ്രോത്രിയേയും ബ്രഹ്മനിഷ്ഠമായ ഒരു ഗുരുവിനെ സമീപിക്കാൻ പറ്റില്ല അപ്പോ ഒരു ഗുരുവിനെ തിരിച്ചറിയില്ല ശയങ്ങളോട് കൂടിയാണ് പോകുന്നത് ഗുരുവിനെ സമീപിച്ചു അപ്പോ ഗുരുവിനെ അറിഞ്ഞിട്ടാണോ അത് കേട്ടറിഞ്ഞിട്ടാവുന്നത് ലോകപ്രസിദ്ധി അനുസരിച്ചാവും ആ അന്ന ഒരാളുണ്ട് അത് ബ്രഹ്മജ്ഞാനിയാണ് എന്ന് പറഞ്ഞു പക്ഷേ പറയും ബ്രഹ്മജ്ഞാനി എന്നുള്ളതിനൊക്കെ വിശ്രുതനായ ജനങ്ങളെ കുറിച്ചും യാജ്ഞവർക്കിനെ കുറിച്ചും പറയുന്നു അങ്ങനെയാണ് എന്തുകൊണ്ട് അവരെങ്ങനെ പറയുന്നു അവർ ബ്രഹ്മനിഷ്ഠന്മാർ ആ തത്വജ്ഞാനത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ് അവരുടെ വാക്കും പ്രവൃത്തിയും എല്ലാം അതിനനുസരിച്ചാണ് അവര് കൃത്യവുമായി ഈ ബ്രഹ്മവിദ്യയെ വരുന്ന ശിഷ്യന്മാർ ഉപദേശിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടും കണ്ടും ഒരു വിജ്ഞാസില് വിശ്വാസം ഉണ്ടാവും അപ്പൊ ഗുരുവിനെ സമീപിക്കുന്ന ഒരാളെ വിശ്വാസം കൊണ്ടാണ് പല കാലങ്ങളും ഉണ്ടാവും അയാൾ പറയുന്നതും അയാളെ കുറിച്ചും എല്ലാം കൊണ്ട് ഒരാളുടെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായിട്ടാണ് ഗുരുവിനെ സമീപിക്കുന്നത് അല്ലാതെ ഗന്മജ്ഞാനം ഉണ്ടായിട്ടല്ല ഗുരുവിന്റെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മജ്ഞാനത്തെ അറിഞ്ഞിട്ടുണ്ട് ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാണോ അതും ഒരാളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും വേറെ ആളുടെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മജ്ഞാനം നമുക്ക് കോപ്പി അടിക്കാൻ പറ്റത്തില്ല അത് നടക്കുന്ന കാര്യമാണ് അത് അവനവന്റെ തന്നെ മനസ്സിൽ വരുന്ന കാര്യമാണ് മറ്റൊരാളിൽ നിന്ന് ഇങ്ങോട്ട് കോപ്പി അടിക്കാൻ പറ്റത്തില്ല പക്ഷേ ഒരാൾ ബ്രഹ്മജ്ഞാനിയാണെന്നുള്ള വിശ്വാസം ഒരാൾ കൊണ്ടാണ് അതും സാധിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് വികാസങ്ങളിലെല്ലാം പറയുന്നത് എന്താണോ ശ്രദ്ധയാ ശ്രദ്ധയോടുകൂടി വേണം പോകാൻ വെച്ചാൽ വിശ്വാസത്തോടുകൂടി വേണം സമീപിക്കാൻ അറിയുന്നിടത്തുന്ന വിശ്വാസത്തിന്റെ ആവശ്യമുണ്ട് അറിഞ്ഞു കഴിക്കുക അത് ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടില്ല അറിവ് വിശ്വാസം രണ്ടാവില്ല അറിയുന്നിടത്ത് വിശ്വാസം നശിക്കുകയാണ് അറിഞ്ഞു കഴിഞ്ഞു അതിന് വിശ്വസിക്കേണ്ട വിഷയം അറിവില്ലാത്തടത്താണ് മനുഷ്യന് വിശ്വാസം വേണ്ടി വരുന്നത് അറിയാൻ വേണ്ടിയുള്ള വിശ്വാസം അറിയുമ്പോൾ ബുദ്ധിമുട്ടുക അതുകൊണ്ടെന്താണ് ശിവന്റെ ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞാനം ജനകന്റെ ബ്രഹ്മജ്ഞാനം ഇതൊക്കെയല്ല അവരവർക്ക് ബോധ്യപ്പെടുന്നതായിരുന്നു ഒരാൾ നേരിരാൾക്ക് ബോധ്യപ്പെടുന്നതായിരുന്നു പക്ഷെ ഇവരുടെ വാക്കുകളും പ്രവൃത്തിയും ജീവിതവും എല്ലാം കൊണ്ട് മറ്റുള്ളവരെ വിശ്വസിക്കുകയാണ് ആ ഇവരെല്ലാം ബ്രഹ്മജ്ഞാനികളാണ് അത്രയും സാധ്യമോ ബ്രഹ്മജ്ഞാനത്തെ നിഷേധിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് നിഷേധിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ധൈര്യത്തെ കുറിച്ച് അറിയാനും പറ്റുന്നില്ല മറ്റൊരാൾ അറിയാൻ ഒരു വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഞാൻ വിശ്വസിക്കുന്നില്ല അതൊക്കെ അയാളൊരു ബ്രഹ്മജ്ഞാരിയാണെന്ന് എനിക്ക് വിശ്വാസം അങ്ങോട്ടുടെ പ്രശ്നമാണ് വിശ്വസിക്കുന്നു വിശ്വസിക്കാതിരിക്കുന്നോ എന്നൊക്കെ പറയുന്നത് ആ വ്യക്തികളുടെ പ്രശ്നമാണ് അതാ മറ്റേ ധാരാളം ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്ന അയാളുടെ പ്രശ്നമുണ്ട് അത് വിശ്വാസിയോ അവിശ്വാസ്യതോ മാത്രം പ്രശ്നം അതുകൊണ്ട് അതിന്റെ അംഗീകാരം നിഷേധനവും ഇത് രണ്ടും ബ്രഹ്മജ്ഞാനത്തിന് ആവശ്യമുള്ള ഇതാണ് ഭാഷകാരന്റെ സിദ്ധാന്തം അതിന് വെച്ചുകൊണ്ട് ഇത് ഈ കഥ മൊത്തത്തിലുള്ള ഒരു പൊട്ടക്കഥിയാണ് ഞാനിതാ ആദ്യം ഈ കഥ ഞാൻ കേൾക്കുന്നത് വിവേകാനന്ദമിയുടെ പ്രസംഗത്ത് നിന്നാണ് കേൾക്കുമ്പത്തന്നെ എന്റെ മനസ്സിലൊരു സംശയം ഉണ്ടായി അന്നേ ഉണ്ടായി അന്നെനിക്ക് പരിചയമുള്ള ആൾക്കാർ ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരെ നിങ്ങളുടെ ഹാജരാകാൻ പറ്റത്തില്ല മിക്കവാറും പേരും മരിച്ചുപോയി ഇതെങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മള് മറ്റു ഭാഗങ്ങളിലും ബ്രഹ്മജ്ഞാനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ബ്രഹ്മജ്ഞാനിയെ മറ്റൊരു സർട്ടിഫൈ ചെയ്യുക ഐഎസ്ഐ മാർക്ക് കൊടുക്കുക ഇതെങ്ങനെ മാർക്ക് കൊടുക്കാൻ പറ്റും നടക്കുന്ന കാര്യം പക്ഷെ എനിക്ക് വളരെ തൽക്കാലത്താണ് അതിന്റെ ഉത്തരം അപ്പൊ ഇതൊക്കെ ഓരോരുത്തരുടെ നിലപാടുകളാണോ ഓരോരുത്തർ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നു എന്നുള്ളതല്ലാതെ ഭാഷകാല ആശ്രയമായിട്ട് മോട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഇതൊന്നും അപ്പൊ ജോലി പ്രസ്തവം എഴുതിയ ആളോ ഭാഷ അറിയാത്ത ആളാണോ ആയിരിക്കണോ എന്നറിഞ്ഞാലായിരിക്കും പിന്നെ എന്തുകൊണ്ടിങ്ങനെ എഴുതി ഏ അപ്പൊ തന്റെ കാര്യം ഒരു പ്രക്രിയ ഒരു വിചാരീ രൂപപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കി അങ്ങനെയാണ് അവിടെയൊക്കെ നമ്മള് ഉപനിഷത്തുകളിൽ വന്നു കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ പ്രശ്നമായിട്ടുണ്ട് ഒരാളെ വിശ്വസിക്കുന്നു അവിശ്വസിക്കുന്നു ഉപനിഷത്തുകളിലെല്ലാം പറയുന്നത് എന്താണ് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഇവരെ സമീപിക്കണമെന്നാണ് പറയുന്നത് അപ്പോ ഒരാള് ശോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായെങ്ങനെ സമീപിക്കും വിശ്വാസം ഒന്ന് സമീപിക്കും അനുമാനിക്കാം ഏ ആ അനുമാന ഒരു പ്രമേയമാണ് സംശയത്ത ഞാൻ പറയുന്നത് എന്താണ് എങ്ങനെയാണോ ഒരു ദ്രഹ്മജ്ഞാനിയിൽ ഇരിക്കുന്ന പ്രത്യക്ഷപ്രമ മനസ്സിലായോ അതല്ല അനുമതി എന്നാ പറയുന്നത് പ്രത്യക്ഷവും അനുമതി നമ്മളുടെ വ്യത്യാസം അറിയാം അറിയാം പഠിച്ചിട്ടുണ്ടോ പ്രത്യക്ഷവും അനുമതി നമ്മളുടെ വ്യത്യാസം അത് പണ്ട് ആയി പറഞ്ഞുതരാം എന്റെ ഉള്ളിൽ ഇപ്പൊ സുഖമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദുഃഖമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുമാനിക്കാം പക്ഷെ എന്റെ സുഖം എനിക്ക് ആർക്കെ അനുഭവിക്കാൻ പറ്റുമോ എനിക്ക് മാത്രം അന്ന് അനുഭവിക്കാൻ പറ്റും ആ വ്യത്യാസം അതിനാണ് സുസമ്മേതിയെന്ന് പറയുന്ന കാരണം ഈ പറയുന്ന എന്താണ് ഈ ബ്രഹ്മത്തെ അറിയില്ല എന്ന് പറയുന്നത് ഈനാഗ്രെ അറിയുമ്പോഴായിട്ട് താൻ അതാണെന്ന് അറിയുകയാണ് എങ്ങനെ താൻ സുഖിയാണെന്നും താൻ ദുഃഖിയാണെന്നും അറിയുന്ന പോലെ അറിയുകയാണ് അല്ലാതെ ബാലമംഗളം വായിച്ചിട്ട് ബ്രഹ്മത്തെ അറിയുന്ന അല്ല അങ്ങനെ എല്ലാവരും അല്ല അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് അല്ല പറയുന്നത് പോഷികാരെ പറയുന്നു അപ്പൊ താൻ തന്നിൽ അറിയുന്ന ഒരു കാര്യവും അത് തന്റെ സ്വന്തമാണ് തന്റെ സുഖവും ദുഃഖം പോലെയാണ് അത് വേറൊരാൾക്ക് അനുമാനത്തിലൂടെ അറിയാമോ അത് അനുമതിയാവട്ടോ അത് സ്വന്തം ജ്ഞാനമാകട്ടെ ആ സ്വന്തം ജ്ഞാനത്തേണ്ട അനുഭവം നോക്കി അവിടെ ജ്ഞാനമൊന്നും അനുഭവം എന്ന് പറഞ്ഞ അർത്ഥമൊന്നുമല്ല രണ്ടല്ല ഞാനതൊക്കെ എന്താ ആലോചിക്കാതെ പറയുന്ന ഒന്നാണ് നിങ്ങൾ അതിൽ ചെയ്യുന്നത് ൂടെ മുട്ടമാര് അങ്ങനെ ധരിക്കരുത് അല്ല ഞാൻ ചോദ്യത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു ഞാൻ കാടക്കി കാടച്ചൊരു വെടിവെച്ചായിരുന്നു ചോദ്യത്തിന് ചോദ്യ കടത്താതെ തന്നെ ഞാൻ സംശയിച്ചതല്ല അങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴേ ഇതൊക്കെ പറയാൻ പറ്റും വെറുതെ എന്ന് പറഞ്ഞു ഭംഗിയില്ല അതുകൊണ്ട് പറഞ്ഞു ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ ഈ പറയുന്ന പ്രശ്നമുണ്ട് ഇങ്ങനെ പറയുന്നത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭാഷ ആശയമായിട്ട് ഓർത്തുപോകുന്നു അതിൽ നിന്നൊക്കെ ഒരുപാട് പരിചരിച്ചു പോകുന്നുണ്ട് അപ്പോ അത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാല് എന്താണ് എന്താണ് മനസ്സിലാക്കാൻ പറ്റും ഈ തർക്കശാസ്ത്രത്തിലൊരു പദാർത്ഥ വിചാരണയെ നടത്തൊണ്ടിരിക്കുന്നത് സാധർമ്മിയും വൈകൃമ്യവും നിരോധനം ചെയ്താലേ കൃത്യമായ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സാധാരണ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരി എന്നറിയണമെങ്കിൽ ഒരു കാര്യം നിർത്തണം എന്തൊക്കെ ശരി അല്ല എന്നുകൊണ്ട് അറിയാം എന്നാലും ആരും കൃത്യമാകും എന്താ വെച്ചാൽ വ്യാപ്തി അതിവ്യാപ്തി ചിന്തിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ് അതിവ്യാപ്തികളെ കുറിച്ച് എങ്ങനെയൊക്കെയാണ് ഇത് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നു അതിൽ എന്താണ് ഞാൻ എപ്പോഴും ഇത് എപ്പോഴും മനസ്സിലായിരുന്നു ഞങ്ങള് ഭാഷയൊക്കെ കേട്ട ആൾക്കാർ ആയത് ഭാഷമായിട്ടാണ് കാര്യം ചെയ്യുന്നത് അത് മനസ്സിലാവുന്നു അപ്പൊ എനിക്ക് അന്ന് സംശയം ഉണ്ടായിരുന്നു ആ സംശയം തന്നെ അത് ഭാഷത്തിലേക്ക് വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊന്നും മനസ്സിലായത് മിയുടെ പ്രസംഗത്തിലും പറയുന്ന ജനകൻ ഉപദേശിച്ചു ഷുഗറിന്റെ സംശയമെല്ലാം മാറി ജനകന്റ് എന്ന് പറയുന്ന എന്താണ് നിനക്ക് ഒരു സംശയമില്ല നീ പൂർണ്ണ ജേതസ്സാണ് പൂർണ്ണജ്ഞാനിയാണ് എന്നെപ്പോലും നിശ്ചയമുള്ള വേറാടില്ല പിന്നെങ്ങനെയാ ജനകം ഉപദേശിച്ചിട്ട് ഷുഗന്റെ സംശയം അപ്പൊ ഈ ഗ്രന്ഥവരികളുമാണ്ണ്ടോ അതിന്റെ ആശയമാണല്ലോ ഈ പറയുന്ന പ്രസംഗങ്ങളൊന്നും യോജിക്കുന്നില്ല കൃത്യമായി യോജിക്കുന്നു അങ്ങനെ ശിവന്റെ സംശയം തീർത്താൽ എന്താണ് പറ്റിയ ഒരാളല്ല ജനകൻ ആരുമില്ല എന്തുകൊണ്ട് ശിവനും ഞാൻ ജനകനും ഞാൻ ഇരട്ട കഥാപാത്രം വെച്ചുകൊണ്ട് തമ്മിൽ താരതമ്യം ചിന്തിച്ചവര പത്തു അങ്ങനെ ഒരു കാര്യമില്ല ദൃശ്യ പദ ബ്രഹ്മൻ നീ ദൃശ്യങ്ങളിൽ പതിക്കുന്നില്ല എന്നിട്ട് ആ വിഷയങ്ങളെ മോഹിക്കുന്നില്ല മുക്തഹർക്കം നീ മുക്തനാണ് ആത്മാവ് മുക്തനാണ് എന്ന് ആരോടും പറയാം കാരണം ആത്മാവ് മുക്തമാണ് നീ അതറിയില്ല എന്ന് ഉപദേശിക്കും പക്ഷെ ശുഭൻ അങ്ങനെയല്ല ആണ് മുക്തനാണെന്ന് സ്വയം അറിയുന്ന ആളാണ് അങ്ങനെ അറിയുന്ന ഒരാളിനോട് പിന്നെ നീ മുക്തനാണെന്ന് ഉപദേശിക്കേണ്ട ആവശ്യമാണ് നീ ജ്ഞാനത്തിൽ പൂർണ്ണനാണ് നിശ്ചയമുള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളോട് ഭ്രാന്തി വിശ്രസാണ് ഭ്രാന്തിയെ തിരിക്കും പറയേണ്ട കാര്യമുണ്ട് കാരണം ഞാനിന്ന് പറഞ്ഞാൽ ഭ്രാന്തി ഇല്ലാത്തതാണ് പിന്നെ ഇവിടെ ഭ്രാന്തി സുഖം പറയുന്നുണ്ട് എനിക്ക് ഭ്രാന്തിയുണ്ട് ശിവന്റെ ഒരേ ഒരു പ്രശ്നമാണ് അത് ശരിയാണ് എന്താണ് ചിത്തം അത് എന്റെ പണിയില്ല ഇതാണോ ഇനി അങ്ങനെ ഒരു ചിത്തവിശ്രാന്തിയെ എന്താണ് അതിനെന്തെങ്കിലും സാങ്കത്യം ഉണ്ടോ ചിത്തവിശ്രാന്തിക്ക് എന്ന് ചിന്തിച്ചാൽ ഭാഷ്യാശ്രയം അനുസരിച്ചില്ല അതാണ് ഈ അനാരോഗ്യാലയങ്ങളൊക്കെ പറയും കാരണം ഒരു ഒരാൾക്ക് തത്വജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണോ ചക്രത്തിന്റെ വേഗം സ്വയം നൽകുന്നത് അതുപോലെ പ്രാരംഭം നശിക്കണം എന്നാണ് ഭാഷകാരന്റെ അഭിപ്രായം അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യ ചെയ്യണമെന്നൊരു അഭിപ്രായം ഭാഷകാരന്റെ അങ്ങനെ ഭാഷക്കാർ ഒരിടത്തും പറയുന്നില്ല മുക്തി എന്ന് പറയുന്നത് മരണത്തോടുകൂടി സംഭവിക്കുന്നതാണ് അതുവരെയുള്ള മുക്തിയെ നമുക്ക് ജീവൻ മുക്തി എന്ന് പറയാം കുഴപ്പമൊന്നുമില്ല ഇതാണ് ഭാഷകാരന്റെ ആശയം ഇനി വേറൊരാൾക്ക് മറ്റൊരു പ്രക്രിയ ഉണ്ടാക്കിയിട്ട് പറയാം അതുപോലെ അങ്ങനെ തത്വജ്ഞാനത്തിന് ശേഷം ഒരാൾക്ക് തത്വനിശ്ചയത്തിന് ശേഷം ഒരാൾക്ക് അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹം വരികയാണ് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ഒരു പുതിയ ചിന്താഗതി ഉണ്ടാക്കിയെടുക്കാം പക്ഷെ അതും ഭാഷയമായിട്ട് ഉപയോഗിക്കത്തില്ല ഭാഷകാലം കൃത്യമായി പറയുന്നു എന്താണ് നിരോധം ഇത്തവൃത്തി നിരോധത്തിന് ഉപായത് തത്വജ്ഞാനമാണ് വേറെ അതും പറയുന്നുണ്ട് നിരോധസ്ഥാന്തരം വിധിച്ച് നിരോധം മറ്റൊരു ഉപായമാണെങ്കിൽ പറയുന്നു അല്ല ഇവിടെ ഈ തത്വജ്ഞാനത്തിന്റെ മാർഗത്തിൽ ചിത്തവൃത്തി നിരോധം ആര് നമ്മുടെ പരഞ്ജലി പറഞ്ഞിരിക്കുന്ന അതിനൊരു ഉപായമായി സ്വീകരിക്കാമോ പാടില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് ചിത്ത വൃത്തി നിരോധം സംഭവിച്ചില്ലെങ്കിൽ അതിന് തത്വജ്ഞാനമാണ് വേണ്ടത് എന്തുകൊണ്ട് തത്വജ്ഞാനം കൊണ്ട് ചിത്തവൃത്തി നിരോധം സംഭവിക്കുന്നു ഒന്ന് ബാധിക്കുന്നു മറ്റൊന്ന് തത്വജ്ഞാനത്തിലാവുമ്പോൾ തത്വജ്ഞാനി തത്വജ്ഞാന നിഷ്ഠ എന്ന് പറയുമ്പോൾ എന്തുവരുന്നു അവിടെ ഭാഷകാരൻ പറയുന്നു അകസ്മാത് വിപരീത സംഭവിക്കുന്നു അങ്ങനെ തത്വജ്ഞാനിയിലും പ്രത്യേകിച്ച് ധാർമ്മം കൂടാതെ തന്നെ ദേഹാത്മബുദ്ധി ഉണ്ടാവും ഞാൻ ദേഹമാണെന്നുള്ള ബോധവുണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോഴും തത്വജ്ഞാനം എന്ത് ചെയ്യുന്നു അതിന്റെ പരിഹാരമായി തത്വജ്ഞാനത്തെ തന്നെ ആശ്രയിക്കുന്നു നമ്മൾ ജീവിക്കുന്ന ത്രിഗുണമെന്താണ് ആശ്രയിക്കുന്നു വെച്ചാൽ തന്റെ നിശ്ചയത്തിന്റെ അനുഭാഷകം പ്രക്കാണ് സ്മൃതി സന്തതി ആ തത്വജ്ഞാനത്തിന്റെ സ്മൃതി തുടരുന്നു എന്ന് വെച്ചാൽ ഒരു സ്മൃതി ഉണ്ടെങ്കിൽ അവിടെ മറ്റ് പറഞ്ഞിട്ട് പറയുന്ന നിരോധമില്ല വീണ്ടും മനോവൃത്തികൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു അതിന് സ്മൃതി സന്ധതി സ്മൃതി സന്ധതി നിയന്തവ്യാപകതി അപ്പൊ അതിനെ അയാൾ ബ്രഹ്മവിചാരത്തിൽ ബ്രഹ്മജ്ഞാനത്തിൽ നിന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു മരണം വരെ അപ്പൊ വേറെ ഒരു ആവശ്യമുണ്ട് അതും മുമ്പ് ശീലിച്ചതുകൊണ്ട് അത് തുടരുന്നു ഇതൊക്കെ വളരെ കൃത്യമായി ഭാഷകാരം പറയുന്നുണ്ട് അവിടെയൊന്നും ഈ പറയുന്ന സമാധിയെ കൊണ്ടുവരുന്നേയില്ല പക്ഷെ ഈ ദുരന്തകർഗം ഈ സമാധിയെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ എല്ലാവരും അതിന്റെ പുറകെയും അറിയുന്നു കാരണം അങ്ങനെ ഉണ്ടല്ലോ ഒരു പുതുമ പൊതുമ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് ഹിമാലയത്തിൽ ഇന്ത്യ സ്വാമി വന്നിരിക്കുന്നു ആൾക്കാരിൽ എന്റെ ഓടും സ്വാമി വെട പോയി ക്യൂ നിൽക്കും മൂന്നാല് ദിവസം കഴിയുമ്പോൾ എന്റെ ക്യൂ അപ്പോ പുതുമയാണ് പുതുമേലേഖയ്ക്ക് മനുഷ്യൻ പെട്ടെന്ന് ആകർഷിതാണ് മനസ്സിലാവുക വലിയ കാര്യമില്ല അങ്ങനെ പൊതുമേയിലേക്ക് ആകർഷിക്കാത്ത കാര്യം ഇങ്ങനെ ഒരു കാര്യം പറയാം അതുകൊണ്ട് ഒരു തത്വജ്ഞാനിയോട് ഇത്തരമാണ് ഭ്രാന്തി ഭ്രാന്തിക്കുന്നൊരു ഉപദേശത്തിന്റെ ആവശ്യമില്ല കാരണം തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താണ് ഭ്രാന്തി ബാധിതമായി ഏത് ജ്ഞാനം അബാധിതമായി അബാധിതമായ ജ്ഞാനമാണ് അയാൾ കേൾക്കുന്നത് ഭ്രാന്തിയാണെങ്കിലോ ബാധിതവുമായി പിന്നെ ഈ മുക്തനാണ് ഭ്രാന്തി തിരിക്കുമെന്ന് പറയുന്നത് എന്താ അർത്ഥമാണ് ഭ്രാന്തി ഭ്രാന്തി നിശേഷം മാറി പക്ഷെ ഇപ്പോഴും കെട്ടിയിട്ടിരിക്കണം എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ പൊരുത്തപ്പെടില്ല മാറാൻ മാറിക്കഴിഞ്ഞപ്പോ കെട്ടിയിടേണ്ട ആവശ്യം എന്തുകൊണ്ടും ഇവിടെ എങ്ങനെ പറയുന്നു ഈ ഗ്രന്ഥകാരൻ എന്തുകൊണ്ട് പറയുന്നു ഗ്രന്ഥകാരൻ പറയുന്നത് ഭക്തനാണ് വൈദ്യാണ് ഇതൊക്കെ ഞാനൊക്കെ ഇനി എന്ത് ഈ ചിത്രവൃത്തി അതാണ് ഭ്രാന്തി അതിനെ ത്യജിക്കാൻ വേണ്ടി സമാധി അതാണ് ഗ്രന്ഥകാരൻ്റെ താല്പര്യം ശീലിക്കണമെന്നുള്ളതാണ് ശരിയായിക്കോട്ടെ എന്നാ പിന്നെ തത്വം ഞാനി സമാധിക്ക് വേണ്ടി എന്ത് ചെയ്യണം എങ്ങനെയാണ് സമാധിയെ സ്വീകരിക്കേണ്ടത് ഭാഷകാരം പറയുന്ന ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്നതിന്റെ ഉപായ ജ്ഞാനമാണ് ജ്ഞാനത്തിൽ മറ്റു വൃത്തികളെല്ലാം നിരോധിക്കപ്പെടുന്നു അതിന്റെ അവരുടെ ഉപായ ഇവിടെ ഇപ്പൊ പറയുന്ന വൃത്തികളെ കൂടുതൽ എങ്ങനെ നിരോധിക്കുന്നു അനന്ത വഴി അതിന് യോഗശാസ്ത്രിപ്പോ യോഗശാസ്ത്രം എന്ന് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് എന്തെങ്കിലും ചിത്തപുറ്റോ അതാകും ഈ ഭാഷ്യം എന്താണ് നമ്മൾ ചർച്ച ചെയ്തതിനു ശേഷം ഈ ഭാഷ്യവും പോരാതെ വരുന്ന ആൾക്കാരുടെയുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് സമാധി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യോഗ ഭാഷ ചർച്ച ചെയ്യും അപ്പൊ ഇതൊക്കെ പോരാത്തവരൊക്കെ എന്ത് ചെയ്യും അവർ പോയി സമാധി ചെയ്യും അപ്പൊ രണ്ടു കൂട്ടർക്കും ഇതാണ് ഈ എന്താവും പറയുന്നത് കാരണം ശാസ്ത്രം എന്ത് പറഞ്ഞാലും മനുഷ്യന്റെ ആഗ്രഹങ്ങൾ വേറെ വേറെയാണ് ഭാഷകാരൻ എന്തൊക്കെ പറഞ്ഞാലും ഇതാണ് ഉറപ്പാലും ഇതാണ് അത് പൂർണ്ണമാണോ മറ്റുള്ള ശേഷമാണോ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കുന്നവൻ അവിടെ കേൾക്കണമെന്നില്ല അവന്റെ ആഗ്രഹങ്ങൾ വേറെ പല പല ആഗ്രഹങ്ങളായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം അവന് സമാധി എല്ലാം വേണം നിർബന്ധമാണെങ്കിൽ ഒന്നാതാ കുറിച്ചത് യോഗം പക്ഷെ ഒരു കാരണം വച്ചാലും ഈ യോഗത്തിന്റെ സമാധിയും ഭാഷകാരുടെ ജ്ഞാനവും കൂട്ടിക്കിട്ടാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഒരാൾക്ക് അങ്ങനെ ആഗ്രഹം വരാം ഒരാൾക്ക് അതൊക്കെ ചെയ്യാം എന്തുകൊണ്ട് പറ്റില്ല സ്വീകരിക്കണമെങ്കിൽ ആദ്യം ഒന്ന് അംഗീകരിക്കുമ്പോ എന്താണ് ഈ പ്രപഞ്ചം സത്യമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ അഭ്യാസത്തെ സ്വീകരിക്കാൻ പറ്റില്ല ഇത് ഒന്നും മനുഷ്യനെ അറിയത്തില്ല ഈ യോഗവും വേദാന്തവും ഒക്കെ കൂട്ടി കൂട്ടിച്ചേർത്ത് കുറെ സ്വാമിമാർ ണ്ടാക്കിയിട്ടുള്ള നാശം എന്ന് പറയുന്നത് നാഗസാക്ഷോട്ട് ആറ്റം പോകലാളുന്നാശം അവർക്ക് ഇവിടെ ഈ അദ്വൈതത്തിൽ അവരാണെങ്കിൽ അത് ഉയർത്തിയത് ഇപ്പം അവർ ഒരുപാട് പുരോഗമിച്ചു ഇവരൊരിക്കലും ഉയർത്തി കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും പുരോഗതി ഉണ്ടാവില്ല യഥാ പിന്നെ നീ യോഗത്തിന്റെ മാർഗത്തിൽ പ്രപഞ്ച സത്യമാണ് ചിത്രവൃത്തി സമാധിയും പ്രവിക്കൊരു ദോഷമുണ്ട് അവര് ശാസ്ത്രീയമായൊരു പദ്ധതിയാണ് അതൊരു വിശ്വസിച്ച് അതിന്റെ മാർഗത്തിൽ പോയി നിറവുകയൽപ്പ സമാധി നിറവുകേൽപ്പല്ല സമാധിയാണ് അസംപ്രഖ്ഞാത സമാധിയും ഈ അസംപ്രജ്ഞാത സമാധിയെങ്കസമാധിയാകുന്ന അസംബന്ധം അത് ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുത്താനേ പറ്റത്തില്ല പ്രപഞ്ച സത്യമാണെങ്കിലേ സമാധി സാധ്യമാകും സത്യജ്ഞാനതിൽ എന്താണ് പ്രപഞ്ചം ബാധിതമാണ് പിന്നെ എന്താണ് ചത്ത എഴുതിയെ പിന്നെ കൊല്ലേണ്ട കാര്യം ചത്ത എഴുതി പാമ്പിനെ പറഞ്ഞാൽ അത് അതിലും തന്നെ അബദ്ധം രണ്ടായി വച്ചിട്ടാണ് രോഗം ആ വഴി തന്നെ പക്ഷെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ തന്നെ മാറ്റമാണ് അപ്പം ജ്ഞാനം എന്താണെന്നറിയും അത് ജ്ഞാനമേ അല്ല ജ്ഞാനമുണ്ടായാലും ഒരാൾക്ക് ചിത്ര വിശ്രാന്തി സംഭവിക്കാത്തതുകൊണ്ടാണ് ഇത് ആവശ്യപ്പെടുന്നതെന്നാണ് ചിത്തലയം എന്നൊരാള് പറയുകയാണ് അല്ല ഭാഷ്യകാരൻ പറയുന്നത് ഞാനെന്താണെന്ന് മനസ്സിലായത് എന്ന് ഞാനർത്ഥമാണ് ഇത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് അത് ഒരാൾക്കെന്താണ് ജലദോഷം പനി അയാൾക്ക് കൊടുക്കുന്ന ക്യാൻസറിന്റെ മരുന്ന് എന്തായിരിക്കും ചെറിയൊരു പരിപാടിയുണ്ട് ജലദോഷപ്പിനാൻ ക്യാൻസറിന്റെ മരുന്നുകൊണ്ടെങ്കിൽ അമ്മ അതൊന്നും തീരു അതുപോലെയുള്ള ഒരു പരിപാടിയാണ് കാരണം പ്രപഞ്ചം അസത്യം വന്ന് ബോധിക്കുന്ന ഒരാളിനെ ഭാഷകാരുടെ അഭിപ്രായത്തിൽ പ്രപഞ്ചത്തെക്കിടുന്നാണ് ചിത്തം അത് അസത്യം വന്നയാൾ ബോധിച്ചു കഴിഞ്ഞു പിന്നെ എന്താ അതിന്റെ വിശ്രാന്തി എന്ന് പറയുന്നതിനെന്താ അർത്ഥമാണ് അതിന്റെ വിശ്രാന്തി എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥമില്ല പ്രപഞ്ചം സത്യമായിരിക്കുന്നു ചിത്തവും സത്യമായിരുന്നു അപ്പൊ സത്യമായിരിക്കും തേടണം അതിന്റെ വിശ്രാന്തി എന്ന് വെച്ചാൽ അതിനെ ലയിപ്പിക്കുക മനസ്സിലവിടെയാണ് ചിത്തത്തിന്റെ ലയം വരെ മറ്റിടത്ത് എന്താ വരുന്നത് ബാധയാണ് രണ്ട് രണ്ട് കാര്യമാണ് ഒരിടത്ത് സംഭവിക്കുന്ന ബാധയുണ്ട് ഇവിടെ ലയത്തിന്റെ ആവശ്യം മറ്റിടത്ത് ലയമാണ് അത് ലയം ഉത്പത്തി ലയം എന്നൊക്കെ പറയുന്ന എന്താണോ അത് അത് അതിന്റെ സത്യത്വത്തെ ആശ്രയിച്ചാൽ സംഭവിക്കുന്നത് അതായത് പ്രപഞ്ചത്തിന്റെ വസ്തുനിഷ്ഠമായ സ്ഥിതി എന്താണ് എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് അത് യോഗി പറയുന്നത് ആ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സത്യമാണ് മൂന്ന് കാലത്തിൽ സത്യമാണ് അദ്വിനി എന്ന് പറയുന്നത് മൂന്ന് കാലത്തിൽ നിലനിൽക്കാത്ത നിത്യെന്നോ അസത്യെന്നോ എല്ലാം പറയുന്നതാണ് അപ്പൊ രണ്ടുപേരും പറയുന്ന ഇതാണ് പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യമെന്നാണ് അപ്പൊ പ്രപഞ്ചം സത്യമാണെന്ന് കണ്ടെങ്കിൽ ചിത്തത്തെ കണ്ടെങ്കിൽ അതിനെ സത്യമായ ചിത്തത്തെ നശിപ്പിക്കുക എന്നൊരു ഞാൻ കാരണം ചിത്തം സത്യമാണ് അതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല പിന്നെ എന്താ സാധിക്കുന്ന അതിനെ ലയിപ്പിക്കുക സമാധി ഒന്നും കേട്ടിട്ടില്ല യോഗത്തിന്റെ ക്ലാസ് കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് അസത്യമാണെന്നുള്ളത് അതാണ് നിശ്ചയം ഇവിടെ പറഞ്ഞിട്ടില്ല നാഗം പരതരീച്ച ഒരു നിശ്ചയമാണെങ്കിൽ അത് എന്ന് പറയുമ്പോൾ അത് ബാധ്യത ബാധിത അപ്പോൾ ബാധിതമായ ഒന്നിനെങ്ങനെ ലേ മരും മരീചിയുടെ ജലം അത് അസത്യമാണെന്ന് മനസ്സിലാക്കിയ ഒരാള് അതിന് അഞ്ചു വർഷം വെച്ച് അടിച്ചു പറ്റിക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ബുദ്ധിയോളം അത് ചെയ്യും മോട്ടർ വെച്ച് ആ വെള്ളം പോലും അടിച്ചു വറ്റിക്കുകയാണ് അതാണ് പ്രപഞ്ചത്തെ കുറിച്ചുള്ള ധാരണ അപ്പൊ പിന്നെ അതിനെങ്ങനെ ലയിപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെയുള്ള എല്ലാ ശ്രമങ്ങളും വ്യർത്ഥമാണ് അതുകൊണ്ടാണ് അവനെ കുറിച്ച് പറയുന്നത് എന്താണ് അവൻ കൃത്വം കൃത്യനാണ് കേട്ടുകഴിഞ്ഞു ഇനി ചെയ്യാനായിട്ട് ഒരു കർത്തവ്യല്ല അങ്ങനെ അതാണ് ഇവിടെ പറയുന്ന ആ പോകുന്ന കാര്യത്തിൽ ഗ്രന്ഥത്തിന്റെ വിഷയം ഞങ്ങൾ പഞ്ചദശയിലൊന്നും പോകണ്ട പഞ്ചദശയിലിരിക്കും ഓപ്പട്ട് ആണത് ചർച്ച ചെയ്യേണ്ടത് പഞ്ചദശ തന്നെ പഞ്ചദിശയിലൊക്കെ ആശയം വന്ന് നിങ്ങൾ ഇവിടെ ഒന്ന് പോയതാണ് അതുകൊണ്ട് അത് ഇവിടെയാണ് ചർച്ച ചെയ്യേണ്ടത് അവിടെയാണ് അതിവിടെ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ പഞ്ചദേശിയിലേക്ക് പോകണ്ട മറ്റേ ആള് പറഞ്ഞു മറ്റേ വേറെ സ്വാമി പറഞ്ഞു ഈ സ്വാമി പറഞ്ഞു അങ്ങനെയൊന്നും പോകേണ്ട കാര്യം നമ്മുടെ മുമ്പിൽ രണ്ടേ ഉള്ളൂ ഒന്ന് വാസിഷ്ടം മറ്റൊന്ന് ഭാഷ ഭാഷത്തിന്റെ നിലപാടെങ്കിലും വാസിഷ്ടത്തിന്റെ നിലപാട് അത് തന്നെ സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി അതിന്റെ എല്ലാത്തിനും സമാധാനമാണ് അത് വേറെ ഒരിടത്തും പോകേണ്ട കാര്യം വാതിഷ്ഠകാരം എന്ത് ചെയ്യുന്നു അറിയുന്നു പ്രപഞ്ചം വിദ്യയാണ് എന്നുള്ള ആ സിദ്ധാന്തത്തെ അംഗീകരിക്കുകൊണ്ട് തന്നെ തത്വജ്ഞാനി വാസനാ മനോനാശത്തിനും വേണ്ടി സമാധിശീലിക്കണമെന്ന് പറയുന്ന ഒരു ഭാഗം ഇതാണ് ഇവരെല്ലാം പറയുന്നത് ആ പറയുന്ന ഭാഗം വന്നത് ഇവിടെ നിന്നാണ് വേറെ ഒരിടത്തുനിന്നും വരാൻ വഴിയില്ല ഒരു പക്ഷേ വന്നേക്കാം ബൗദ്ധ സമ്പ്രദായങ്ങളിൽ നിന്നൊന്നും വരാം ബൗദ്ധ സമ്പ്രദായങ്ങളിൽ ഈ വാസനാക്ഷയത്തെ കുറിച്ചൊക്കെ പറയും വാസനാക്ഷയോട് ഒരു വലിയ ഒരു ചർച്ചയാണ് അവര് സമാധി അംഗീകരിക്കുന്നു വാസനാ ക്ഷയത്തിൽ വിജ്ഞാന വിശുദ്ധി അത് വാസനയുടെ നാശം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അവർ ഈ പറയുന്ന അദ്വൈതമെന്ന് പറയുന്നത് ബൗദ്ധന്മാരുടെ ശൂന്യവാദം വിജ്ഞാനവാദം സർവാസ്തിത്വവാദം ഇങ്ങനെയൊക്കെ പറയുന്നതിനൊക്കെ എടുത്ത് കൂട്ടിക്കെട്ടിന്റെ നമ്മുടെ നാട്ടിലൊക്കെ ഈ കമ്പ്യൂട്ടറിലൊക്കെ അസംബിൾ ചെയ്യുമ്പോഴാണ് ചൈനയിൽ നിന്നും തൈവാനിൽ നിന്നും ഒക്കെ ഓരോ പാഴ്സ് വരുത്തിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും അസംബിൾ ചെയ്തിട്ട് നമ്മുടെ ബ്രാൻഡ് എടുത്തിരിക്കും എന്ന് പറയുമ്പോഴാണ് ഈ അദ്ദേഹം ഇത് മെയിൻഡൻസ് സാധനമാണ് നമ്മുടെ ലേബർ ഇല്ലെന്ന് ചോദിച്ചുകൊണ്ട് ലേബർക്കെ അതിനകത്തോ പക്ഷെ ഇതില പാഴ്സുകൾ തന്നെ എവിടെ നിന്ന് വരണം സെമി കണ്ടക്ടറൊക്കെ എവിടെ നിന്ന് വരണം പുറത്തുനിന്ന് വന്നാലും നമ്മുടെ ഇല്ല ഒരു പണിയൊന്നും ഇവിടെ ഇല്ല അതുപോലെ ഒരു പരിപാടിയുണ്ട് പലടത്തുനിന്നും എടുത്തു കൊണ്ട് അതങ്ങനെ വരത്തുള്ളു കാരണം എന്താണോ വിജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ അതേപോലും കടപ്പാളുകൂടിയേ സംഭവിക്കും പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണോ ഇപ്പൊ ഫിസിക്സ് പറയുവാൻ കെമിസ്ട്രിയോട് കടപ്പാടുണ്ട് കെമിസ്ട്രി പറയുക അങ്ങനെ ബയോളജിയോട് കടപ്പാടുണ്ട് പരസ്പരം കടപ്പാടിനെ അംഗീകരിക്കും പക്ഷെ അദ്വൈതം പറയും വിശിഷ്ടാദ്വൈതം തൊടാന ബൗദ്ധന്മാർന്നിച്ച മഹാ വൈനാശികന്മാരാണ് നശിച്ചവന്മാരാണ് ഞങ്ങൾക്ക് അവരോട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെയൊക്കെ എന്തു ചെയ്യും പൂർണമായും എന്ന രഹസ്യമായി അതിന് തോന്നുകയും നമ്മുടെ നാട്ടിൻപുറത്ത് കണ്ടത് പോലെ അതിർ തോണ്ടൽ കുറേശോ കുറെ കാര്യം മാറ്റി മാറ്റി അറിഞ്ഞവില്ലാതെ അപ്പൊ എന്താ ഈ വ്യത്യാസം വന്നു മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നു തിരസ്കരിക്കില്ല കൂടുതലും ഉൾക്കൊള്ളാൻ പറ്റും മനുഷ്യന്റെ വിഭിന്ന ശാസ്ത്ര ശാഖകള് പരസ്പരം ഉൾക്കൊള്ളാൻ പറ്റും അവരൊരിക്കലും താർക്കികൻ അംഗീകരിക്കില്ല ഭണ്ണിക്കും എന്ന് പറയും അങ്ങനെയാണ് വാരം കൊമ്പില്ലാത്ത പലശമാണെന്നൊക്കെ പറയും വെള്ളമാണ് എന്നാ അവരുടെ സിദ്ധാന്തങ്ങളൊക്കെ സ്വീകരിക്കില്ല അവര് എന്താണ് രൂപപ്പെടുത്തിയ പ്രത്യക്ഷം പ്രമാണങ്ങളെല്ലാം എന്തു ചെയ്യും ഇവിടെയും സ്വീകരിക്കും അപ്പൊ അതുകൊണ്ട് ഇവിടെയൊക്കെ നിലപാടുകളൊക്കെ ശരിയാണെന്ന് പറയാൻ അവരത് ഹിമാലയത്തിൽ പുതിയ സ്വാമിമാരെ കൊണ്ടുവരിക അവരത് ശരിയാണെന്ന് അതേ നടന്നു മനുഷ്യന്റെ വിജ്ഞാനം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് അവര് ശ്രമീബദ്ധമായി പഴയ ഉൾക്കൊണ്ട് പുതിയതിനെ സ്വാംശീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ അത് വളർന്നുകൊണ്ടിരിക്കും അങ്ങനെ അത് അല്ല പഴയതിനെ പൂർണ്ണമായും നിരാകരിച്ച് അല്ലെങ്കിൽ പഴയ മാത്രമാണ് ചിന്തിച്ചു അതല്ല പഴയപ്പോഴും പുതിയ സ്വരൂപിക്കും അങ്ങനെയാണ് മനുഷ്യന്റെ വിജ്ഞാനം വളർന്നുകൊണ്ടിരിക്കുന്നത് അത് തത്വചിന്തയുടെ ആ ലോകത്തിൽ നിന്നും എന്തോ സയൻസിന്റെ ലോകത്തിലേക്കുള്ളപ്പോൾ ആ വിജ്ഞാനത്തിന് വലിയ കാര്യമായ വ്യത്യാസം ഫിലോസഫി സയൻസായി മാറിയ വ്യത്യാസം ഇന്ന് നമ്മൾ കാണാം ഇതൊക്കെ എത്ര ചിന്തയാണ് ദർശനങ്ങളുടെ കാലത്തുള്ള ചിന്തയാണെങ്കിൽ നമ്മൾ ഈ പറയുക അതുകൊണ്ട് ഇത് രണ്ട് ചിന്തയാണ് സമാധി വേണമെന്നും വേണ്ട സമാധിയെ നിരാകരിക്കുന്ന ഭാഷകാരന്റെ സ്വന്തം ചിന്ത സമാധി വേണമെന്ന് പറയുന്നത് ഈ വാസാരന്റെ സൗന്ദര്യം നിന്റെ വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഇങ്ങനെ ചർച്ച ചെയ്യും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കും പിന്നെ സ്വീകരിക്കുന്നത് ഇഷ്ടം അനുസരിച്ച് സമാധി തിരിക്കണം സമാധി ഇരിക്കണം എന്താ കൊടുപ്പം സമയത്ത് ഭക്ഷണമൊക്കെ കിട്ടും സൗകര്യത്തിനൊരു മുറിവിയൊക്കെ കിട്ടിയാൽ സമാധിയിരിക്കുന്നുണ്ട് ആർക്കും തടസ്സമൊന്നും